നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ അതിവിശാലമായ ഒരു സബ്ജക്റ്റ് അതാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് പറഞ്ഞതുപോലെ അതിവിശാലമായ ഒരു സബ്ജെക്റ്റാണ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റിയതുമല്ല നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇത് പറയാൻ കാരണം പലരും ഈ നവഗ്രഹങ്ങളെ പറ്റി പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ടും അല്ലാതെ മെസ്സേജ് അയച്ചിട്ടും അപ്പോൾ എല്ലാവരോടും കൂടുമായിട്ട് പറയാനുള്ളത് കുറച്ച് ദിവസം കൂടി ഇത് കേൾക്കുക നവഗ്രഹങ്ങളെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളൊക്കെ എഴുതി വയ്ക്കുക നോട്ട് ചെയ്തു വെക്കുക എന്നിട്ട് ഈ ഒരുവിധം കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക അതിനുശേഷം സംശയങ്ങൾ ചോദിക്കുക കാരണം പലരും ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന സബ്ജക്റ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ടത് പറഞ്ഞു കൊടുക്കണേക്കാൾ നല്ലത് എല്ലാവരും കൂടി കേട്ടതിന് ശേഷം സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ വരുന്ന സംശയങ്ങൾ എഴുതി വയ്ക്കുക എഴുതി വച്ചതിന് ശേഷം നമുക്ക് സംശയ നിവാരണത്തിനൊരു അവസരം ധാരാളം അവസരങ്ങളുണ്ട് ആ സമയത്ത് അത് തീർക്കാം കാരണം ഒരാളുടെ സംശയം പലർക്കും പലരും ചോദിക്കേണ്ട സംശയമായിരിക്കും പലർക്കും അതറിയാൻ താല്പര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഒരു സംശയം ഒരാളിൽ മാത്രം ഒതുക്കാതെ എല്ലാവർക്കും അറിയണ രീതിയിൽ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നവഗ്രഹങ്ങളെപ്പറ്റിയാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത് അപ്പോൾ പലരും എനിക്ക് ജ്യോതിഷം നന്നായിട്ട് അറിയാം എന്നത് വിശ്വാസത്തിൽ എന്നെ പലരും പേഴ്സണലായിട്ട് ഫോൺ ചെയ്തിട്ടും അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ജാതകം നോക്കാനും അതുപോലെ തന്നെ പ്രശ്നം വയ്ക്കാനും ഒക്കെ പറയുന്നുണ്ട് ജാതകമൊന്നും നോക്കി ഫലം പറയണം അല്ലെങ്കിൽ എൻ്റെ പോലത്തെ സമയം എന്താണ് ചോദിക്കുന്നുണ്ട് അപ്പം കൂടി പറയട്ടെ ഞാൻ ജ്യോതിഷനല്ല ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ട് അത് പഠിച്ചിട്ടില്ല അത് കൈകാര്യം ചെയ്യണില്ല പക്ഷേ നവഗ്രഹങ്ങളെ ആ നവഗ്രഹങ്ങളെ പറ്റിയിട്ട് നല്ല കൂടുതൽ അധികമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതിന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ആളാണ് നവഗ്രഹ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന ആളാണ് അത് അനുഭവമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ജോലിച്ചനല്ല പൂജാരിയാണ് പൂജകൾ എന്ത് നിങ്ങൾക്ക് എന്നോട് പറയാം അത് ലോകത്തിലെവിടെയാണെങ്കിലും ഞാൻ വന്ന് ചെയ്തു തരും അതിലെനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ പൂജാരിയാണ് പൂജയാണ് എൻ്റെ പ്രൊഫഷൻ അതുകൊണ്ടുതന്നെ എന്ത് തരത്തിലുള്ള പൂജകളും ചെയ്യുന്നതിൻ്റെ ഒരു വിരോധമില്ല ജ്യോതിഷം എനിക്കില്ല അതുകൊണ്ട് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങളോ ജാതകം നോക്കുക പ്രശ്നം അത് എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് കഴിയില്ല എന്നതുകൂടി ഞാൻ പറയുകയാണ് ഈ ജ്യോതിഷത്തിനെ പറ്റിയിട്ടും ഈ ഗ്രഹങ്ങളെ നല്ലൊരു ജ്ഞാനം നിങ്ങൾക്ക് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ പല സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ പരിഹാരം കണ്ടെത്താൻ സഹായകരമാകണമെന്ന രീതിയിലാണ് ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം അതുകൊണ്ട് ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഭാവി അതെനിക്കറിയില്ല ഞാൻ പറയാൻ എനിക്ക് കഴിയില്ല പൂജകൾ എന്ത് നമുക്ക് ചെയ്തു നമസ്കാരം ഇനി നമുക്ക് സബ്ജക്റ്റിൽ കിടക്കാം അപ്പോൾ സൂര്യൻ ചന്ദ്രൻ ഈ രണ്ട് ചൈതന്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗോളം എന്ന് മാത്രം അർത്ഥമാക്കരുത് സൂര്യനാകുന്ന ഒരു നക്ഷത്രം ഒരു ഗോളം ചന്ദ്രനാകുന്ന ഒരു ഉപഗ്രഹം എന്ന സങ്കല്പത്തിലല്ല ഇതിനെ രണ്ടിനെ ഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഗ്രഹമെന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് അപ്പോൾ എന്നിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു അത് ലോകം മുഴുവൻ സ്വാധീനം ചെലുത്തും എന്ന സങ്കല്പമാണ് ഇവിടെ പ്രധാനം എന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികളാണ് അച്ഛനും അമ്മയും ലോകത്തിലുള്ള മുഴുവൻ ജനതകളുടെ ഏത് കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏത് ജനത എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികളാണ് അച്ഛനും അമ്മയും ഏത് രാജ്യത്ത് പോയാലും ഏത് മനുഷ്യനെ എടുത്താലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികൾ രണ്ട് വ്യക്തിത്വങ്ങൾ അച്ഛനും അമ്മയെയാണ് അത് എല്ലാ ജീവജാലങ്ങളിലും പൊതുവാണ് ഇനി അപ്പം അതുകൊണ്ടുതന്നെ എന്നിൽ ഏറ്റവും സ്വാധീനം അച്ഛനും അമ്മ ആയതുകൊണ്ട് ഈ ലോകം മുഴുവൻ ഒറ്റ സൺസെപ്റ്റ് എടുത്തപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികൾ അച്ഛനും അമ്മയും ആ സങ്കല്പത്തിൽ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ കാണുന്ന ഈ നമ്മളെ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയാണ് ഈ ലോകത്തിൻ്റെ അച്ഛനായിട്ട് സൂര്യനെയും അമ്മയായിട്ട് ചന്ദ്രനെയും ഞാൻ പറഞ്ഞു ഇതിലെ പല ഭാവന ഉണ്ട് ഫാൻറ്റസിയുണ്ട് സൗന്ദര്യാത്മകത ഉണ്ട് കാവ്യാത്മകത ഉണ്ട് തത്വചിന്ത നമുക്ക് ഉപകാരമാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പൂർവികന്മാർ ഇത് അവതരിപ്പിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം പുലിമുരുകൻ അവിടെ മോഹൻലാൽ എന്ന വ്യക്തി ഉലിമുരുകൻ എന്ന കഥാപാത്രമായിട്ട് അവതരിക്കുകയാണ് ചെയ്യണത് ആ കഥ അവിടെ ഒരു അവതാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത് പ്രകടനമാണ് അവിടെ നടക്കുന്നത് അടുത്തതായി ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നു കുമാരിലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുമാരിലക്ഷ്മി അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യണത് ഓട്ടന്തുള്ളൽ അപ്പോൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടത്തുക പ്രകടിപ്പിക്കുക അപ്പോൾ അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് വലിയൊരു ചൈതന്യത്തിന് ഈശ്വരനെ ഒറ്റ ഈശ്വരനേ ഉള്ളൂ എന്ന് നമുക്കറിയാമല്ലോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നേ ഉള്ളൂ ആ ഈശ്വരനെ നമ്മൾ വ്യത്യസ്ത ഭാവത്തിൽ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈശ്വരനും ദേവതയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നമ്മളെ ഈശ്വരനും നമ്മളുണ്ടാക്കിയ ഈശ്വരനും രണ്ട് ഈശ്വരനുണ്ട് നമ്മളെ ഈശ്വരൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അതിന് രൂപവും ഭാവവും നിറവോ മണമൊന്നും ഇല്ല ഈശ്വരൻ അത് ഈ കാണുന്ന പരമാത്മ ചൈതന്യത്തിന് പരബ്രഹ്മത്തിന് ചൈതന്യത്തിന് ശക്തിയെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുണ്ടാക്കി കൊടുത്ത രൂപങ്ങളാണ് ഈ കാണുന്ന പരബ്രഹ്മമായ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിനെ നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുണ്ടാക്കി കൊടുത്ത രൂപങ്ങളാണ് ഈ കാണുന്ന എല്ലാ ദേവതാരൂപങ്ങളും അതാണ് മുപ്പത്തി മുക്കോടി ദേവതകൾ എന്ന് പറയാൻ കാരണം നമ്മളുടെ ആഗ്രഹമാണ് നമ്മുടെ ചിന്തയാണ് അവിടെ പ്രവർത്തിച്ചത് അപ്പോൾ ഈശ്വരൻ ഏത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഈശ്വരൻ വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്നു അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവം മാറും അതുതന്നെയാണ് ഇവിടുത്തെ തത്വം ഈശ്വരൻ കരണ്ടാണെങ്കിൽ ആ കരണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പെടത്തുന്നു അതനുസരിച്ച് കറണ്ടിൻ്റെ സ്വഭാവം മാറും ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ഫാനാണെങ്കിൽ ഫാനെ മിക്സി ആണെങ്കിൽ മിക്സി ഗ്രൈൻഡർ ആണെങ്കിൽ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ആണ് വാഷിംഗ് മിഷീൻ ഓരോന്നിൻ്റെയും പുറത്തേക്ക് കാണുന്ന ഭാവം വ്യത്യാസമാണ് അതുതന്നെയാണ് ഈശ്വരനും ദേവതയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ കൽപ്പിച്ചു കൊടുത്ത സ്ഥാനങ്ങളാണ് ഈ കാണുന്ന ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ നവഗ്രഹങ്ങളും കാണുന്ന ദേവതാ സ്വരൂപങ്ങളൊക്കെ നമ്മൾ കൽപ്പിച്ചു കൊടുത്തതാണ് നമ്മുടെ സങ്കല്പം അനുസരിച്ച് ലോകത്തിൽ ഈശ്വര ചൈതന്യം ഇല്ലാത്തതൊന്നുമില്ല എല്ലാ സ്ഥലത്തും ഈശ്വര ചൈതന്യമുണ്ട് ആ ഈശ്വരനെ നമ്മൾ ഓരോരോ ഈശ്വരൻ്റെ എല്ലാം ഊർജമാണ് എല്ലാം എനർജിയാണ് വ്യത്യസ്ത ആ എനർജിയെ വ്യത്യസ്ത ഭാവങ്ങൾ ചൂടായിട്ടും തണുപ്പായിട്ടും കരണ്ടായിട്ടും കാന്ത ഊർജ്ജമായിട്ടും വായുവിൻ്റെ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിനെ വിവിധ രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നവഗ്രഹാരാധന അപ്പം അച്ഛൻ എന്ന ഒരു മഹാസങ്കല്പം അമ്മ എന്നൊരു മഹാസങ്കൽപ്പം ആ രണ്ട് സങ്കല്പങ്ങൾക്കും ഒരു രൂപം കൊടുത്തതാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഒരു അച്ഛൻ എന്ന സങ്കല്പത്തിൽ സൂര്യൻ ലോകത്തിൻ്റെ മുഴുവൻ ഒരു അമ്മ എന്ന സങ്കല്പത്തിൽ ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ആണാണ് മറ്റേ ചന്ദ്രൻ എന്നു തന്നെ ആണ് എന്ന അർത്ഥം പേര് കേൾക്കുമ്പോൾ തന്നെ പക്ഷേ നമ്മൾ അമ്മ എന്നൊരു മഹത്തായ സങ്കല്പമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒന്ന് സ്ത്രീ ഒന്ന് പുരുഷൻ ലോകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ശക്തികളെ ലോകത്തിലുള്ളൂ ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ഒന്ന് പ്രകൃതിയും ഒന്ന് പുരുഷനും ഒന്ന് ശിവനും ഒന്ന് ശക്തിയും ഒന്ന് അച്ഛനും ഒന്ന് അമ്മയും ഇതുവന്നെയാണ് ഏതൊരു ഭാരതീയ ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും സാഖ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രകൃതി പുരുഷൻ രണ്ട് ശക്തിയുള്ളു തന്ത്രം എടുത്തു കഴിഞ്ഞാൽ ശിവൻ ശക്തി രണ്ട് ശക്തിയുള്ളൂ നവഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സൂര്യൻ ചന്ദ്രൻ പ്രധാനമായിട്ടും ഇതിനോട് ബന്ധപ്പെട്ട ശക്തികൾ വേറെയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ കൺസെപ്റ്റിൽ തന്നെ നമ്മളിതിനെ കാണണം ഇത് നിരവധി കാര്യങ്ങളുടെ ഒരു പ്രതീകമായിട്ടുള്ള നിരവധി ശക്തികളുടെ ഒരു കൂടിച്ചേരലാണ് ഈ നവഗ്രഹങ്ങൾ നമുക്കിതിൻ്റെ ബാലൻസ് അടുത്ത ദിവസം പറയാം നമസ്കാരം